എല്ലാവർക്കും എൻ്റെ പ്രധാനം ഗീതയിലെ എട്ടാമത്തെ അധ്യായമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അക്ഷര ബ്രഹ്മയോഗം എന്നാണ് അധ്യായത്തിൻ്റെ പേര് ഏഴാം അധ്യായം ഭഗവാൻ ഉപസംഹരിച്ചത് ചില പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഏഴാം അധ്യായത്തിലോടുത്താൻ രണ്ട് പദ്യം നോക്കുക ജരാ മരണമോക്ഷായ മാശ്രിത്യതന്തിയെ തേ ബ്രഹ്മ തദ്വിദു കൃത്യാത്മം കർമ്മ ചാഖിലം സാധി ദൈവ സ അധിദൈവ അധി യജ്ഞ രൂപത്തിലുള്ള ബ്രഹ്മഭാവങ്ങളൊക്കെ അവർക്കറിയാൻ സാധിക്കും ആർക്ക് ജരാമരണമോക്ഷായ അവർ എന്തിന് ഭജിക്കുന്നു ജരാമരണമോക്ഷായ അല്ല പണം കിട്ടാനോ പേരിനോ വേണ്ടിയല്ല ഈ സംസാരദുഃഖം മാറിക്കിട്ടണം അതിനു വേണ്ടി ഭഗവാനെ ഭജിക്കുന്നു തേ ബ്രഹ്മ തദ്വിദുഹം അവർ ബ്രഹ്മത്തെ വ്യക്തമായി അറിയാൻ ഇടപെടുന്നു ജരാമരണമോക്ഷത്തിനു വേണ്ടി ആര് ഭഗവാനെ ഭജിക്കുന്നു അയാൾക്ക് ബ്രഹ്മതത്വം വ്യക്തമായി അറിയാൻ ഇടവരുന്നു തേ ബ്രഹ്മ തദ് കൃഷ്ണം അധ്യാത്മം കർമ്മചാഖിലം അധ്യാത്മം എന്താണെന്ന് അവരറിയുന്നു മുഴുവൻ കർമ്മത്തിൻ്റെയും രഹസ്യം അവർക്ക് പിടികിട്ടുന്നു സാധിഭൂത അധി ദൈവം സാധിയജ്ഞം ച തേ വിദുഹും അധിഭൂതം അതിദൈവം അതിയജ്ഞം ഇതൊക്കെ അവരറിയുന്നു പ്രയാണകാലേ പി വിദുർ യുക്തചേതസഹ ശരീരം വിട്ടുപോവാൻ സമയത്ത് സമയത്തും അവരെന്നെ വ്യക്തമായി അറിയുന്നു ഇത്രയും പറഞ്ഞാണ് ഭഗവാൻ ഏഴാം അധ്യായം ഉപസംഹരിച്ചത് അപ്പം ഈ ഒടുവിൽ പറഞ്ഞ കാര്യങ്ങൾ അർജുനന് വ്യക്തമായി പിടികിട്ടിയില്ല എന്താണിത് ബ്രഹ്മം എന്താണെന്ന് ഏതാണ്ട് പിടികിട്ടിയും തേ ബ്രഹ്മ തദ്വിദു കൃഷ്ണൻ അധ്യാത്മം അധ്യാത്മം എന്ന് പറഞ്ഞാൽ എന്താ അർജുനന് പിടികിട്ടിയില്ല കർമ്മചാഖിലം മുഴുവൻ കർമ്മവും അവർക്ക് പിടികിട്ടുന്നു അതും അർജുനന് വേണ്ടവണ്ണം തെളിഞ്ഞില്ല എന്താ ഈ കർമ്മം മുഴുക്ക് സാധിഭൂത്ത് അതിദൈവ അധിയജ്ഞ അധിഭൂതം അതിദൈവം അധിയജ്ഞം പിടികിട്ടില്ല എന്തായത് മാത്രമല്ല പ്രയാണകാലേപ്പിച്ച മോഹം ശരീരം വിട്ടുപോകുമ്പോൾ അങ്ങനെയുള്ളവർ എന്നെ വ്യക്തമായി അറിയുന്നു ശരീരം വിട്ടുപോകുമ്പോൾ അറിയുന്നു എന്ന് പറഞ്ഞതും അറിയുക ശരിക്കും മനസ്സിലായില്ല അപ്പോൾ എട്ടാമധ്യായം തുടങ്ങുന്നത് അതായത് അക്ഷര ബ്രഹ്മയോഗം ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ വ്യക്തമാക്കിത്തരണം എന്ന് ചോദിച്ചുകൊണ്ടാണ് കിം തദ് ബ്രഹ്മ അർജുനൻ ചോദിക്കുകയാണ് ഭഗവാനെ എന്തോന്ന് ഈ ബ്രഹ്മം കിം തദ് ബ്രഹ്മ കിം അധ്യാത്മം അധ്യാത്മം എന്താണ് കിം തദ് ബ്രഹ്മ കിം അധിഭൂതൻ ചക്കിം അതിഭൂതം എന്ന് പറഞ്ഞത് എന്താണ് അതിദൈവം കിം അതിദൈവം എന്താണ് അതിയജ്ഞം എന്താണ് പ്രയാണകാല ശരീരം വിട്ടുപോകുമ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ വ്യക്തമായി അറിയും അതും എനിക്ക് ശരിക്കും പിടികിട്ടില്ലല്ലോ ഭഗവാനെ ഇതൊക്കെ ഒന്ന് വ്യക്തമായി പറഞ്ഞു തരണം ശരി അതിനോ ഓരോന്നിനായിട്ട് ഭഗവാൻ ഉത്തരം പറയുകയാണ് അക്ഷരം ബ്രഹ്മ പരമം കിം ബ്രഹ്മ ആണല്ലോ ആദ്യത്തെ ചോദ്യം നാശമില്ലാത്ത പ്രപഞ്ചത്തിൻ്റെ പരമ കാരണം അതാണ് ബ്രഹ്മം അക്ഷരം ബ്രഹ്മ അക്ഷരം എന്ന് വെച്ചാൽ നാശമില്ലാത്തത് അക്ഷരം ബ്രഹ്മ പരമം പരമകാരണം നമ്മളൊക്കെ അന്വേഷിക്കുന്നത് അതാണ് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പരമ എന്താ പ്രപഞ്ചത്തിൻ്റെ പരമകാരണം ബ്രഹ്മം ബ്രഹ്മം എന്ന് വെച്ചാൽ എന്താ അത് ഉപനിഷത്ത് വ്യക്തമാക്കിയിട്ടുണ്ടേ പ്രജ്ഞാനം ബ്രഹ്മ ബോധമാണ് ബ്രഹ്മം അതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് സ്വഭാവോ അധ്യാത്മം ഈ ബ്രഹ്മത്തിൽ സ്വയം പൊന്തി ഒരു ഘടകമാണ് അധ്യാത്മം എന്താ ഈ സ്വയം പൊന്തി വരുന്ന ഘടകം ജീവൻ ജീവനാണ് അധ്യാത്മം നമ്മുടെയൊക്കെ ഉള്ളിൽ ഞാൻ ഞാൻ ഞാൻ ഉണ്ട് ഞാനുണ്ട് എന്ന് സദാ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവൻ ഇതാണ് അധ്യാത്മം സ്വഭാവോ അധ്യാത്മം നമുക്കൊക്കെ സംശയമുണ്ട് ഞാൻ സ്വയം വെള്ളത്തിൽ കൂമിള പൊന്തുന്നത് പോലെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധത്തിൽ സ്വയം പൊന്തു വേണം ഞാൻ നമ്മളൊക്കെ ഈ ഞാൻ ജീവൻ നമ്മുടെ കാര്യമാണ് ഈ പറയുന്നത് അല്ല അല്ലാതെ വല്ലവരുടെയും കാര്യമാണ് സാക്കലെ ജീവനും കാരണമുപായാന്തീ ഈ ബ്രഹ്മത്തിൽ ഒരു കാരണവും കൂടെ അത് ഇങ്ങനെ പൊന്തുകയാണ് ഞാൻ എന്ന ജീവൻ അതെന്തിനാ അങ്ങനെ പൊന്തുന്നത് അതൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല പരമ കാരണത്തിൻ്റെ സ്വഭാവം ഒരു വസ്തുവിൻ്റെ സ്വഭാവം എന്തിനു ചോദിച്ചിട്ടർത്ഥമില്ല സ്വഭാവമാണത് അകാരണമുപായ സർവേ ജീവാ പരാമപദത്തിൽ നിന്നും ഒരു കാരണവും കൂടാതെ ഈ ജീവന്മാർ പൊന്തുകയാണ് വെള്ളത്തിൽ കുമ്പളകൾ പൊന്തുന്നു വെള്ളത്തിൻ്റെ സ്വഭാവം അതെന്തിനാ അത് ചോദിച്ചിട്ട് കാര്യങ്ങളല്ല വെള്ളത്തിൻ്റെ സ്വഭാവമാണ് പശ്ചാത്തേശാം സ്വകർമാണേ കാരണം സുഖദുഃഖയോ ഇത് നല്ലവണ്ണം ഓർമ്മ വേണം ജീവൻ വിശേഷിച്ച് കാരണമെന്നും കൂടാതെ അത് പൊന്തിത്തു പക്ഷേ പിന്നെയുള്ള എല്ലാ സുഖദുഃഖാനുഭവങ്ങൾക്കും കാരണം ഈ ജീവനാണ് അത് എങ്ങനെ സങ്കല്പിക്കുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതനുസരിച്ചാണ് അതിൻ്റെ സകല സുഖദുഃഖാനുഭവങ്ങളും അല്ലാതെ ഭഗവാൻ ഒന്നും അതിന് ഉത്തരവാദിയുള്ള ഏതാണ് എൻ്റെ സുഖദുഃഖങ്ങൾക്ക് മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല എൻ്റെ മുഴുവൻ കാരണം ഞാനാണ് അല്ലാതെ മറ്റ് ഇത് കഴിഞ്ഞാധ്യായത്തിൽ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞേ അർജുന ഞാൻ ആർക്കും കർമ്മമോ കർത്തൃത്വമോ കർമ്മഫലമോ വീതിച്ച് കൊടുക്കുന്നില്ല എനിക്കാ ജോലിയില്ല പിന്നെ എങ്ങനെ സ്വഭാവം ഓരോരുത്തരുടെ സ്വഭാവം അവരെങ്ങനെ സങ്കല്പിക്കുന്നു അങ്ങനെ അപ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്ന് സങ്കല്പിച്ചുള്ളൂ സങ്കല്പം തെറ്റിയാൽ ദുഃഖം വരും ശരിയായാൽ സുഖം ഉത്തരവാദി നമ്മളാണ് മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ശരിയാണോ എന്ന് സംശയം വരാം അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം എന്തായാലും സ്വഭാവസ്തുപ്രവർത്ത അവനവൻ്റെ സ്വഭാവമാണ് അവനവൻ്റെ ജീവിതം എന്തെന്ന് നിർണയിക്കുന്ന ഘടകം അപ്പോൾ സ്വഭാവോ അധ്യാത്മമുച്ച ഈ ജീവനാണ് അധ്യാത്മം എന്ന് പറയുന്നത് അതിഭൂതം ക്ഷരോഭവ നശിക്കുന്ന അംശമാണ് അതിഭൂതം ജടം ഇപ്പം നമ്മുടെയൊക്കെ നമ്മിലൊക്കെ അതിഭൂതം ബ്രഹ്മമാണ് അതും എല്ലാം ബ്രഹ്മത്തിൽ ഭ്രമങ്ങളാണല്ലോ ബ്രഹ്മത്തിലല്ലാതെ മറ്റൊന്നിൽ ഒന്നും സംഭവിക്കുന്ന പ്രശ്നമേ ഇല്ല ആദ്യം ബ്രഹ്മം അതായത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വന്നതൊക്കെ ആ ബോധത്തെ ആശ്രയിച്ചാണ് അപ്പോൾ ആ ബോധത്തിൽ തന്നെ നശിക്കുന്ന ഘടകം ഉണ്ടാവുന്നു കുറേ കഴിഞ്ഞില്ലാതാവുന്നു അതാണ് ജഡം ജഡമായി കാണുന്നത് ശക്തിസ്പന്ദിച്ചു ശക്തിസ്പന്ദനം മുതൽ ജഡമാണ് എനർജി എനർജി സൂക്ഷ്മ ദൃഢമാണ് എനർജി പൊന്തി അത് ഫണ്ടമെൻ്റൽ എലവെൻസായി അല്ലെങ്കിൽ ഭാരതീയ തത്വജിത അനുസരിച്ച് പഞ്ചഭൂതങ്ങളായി അവ അനന്ത കോടി സൂര്യൻ ചന്ദ്രൻ പക്ഷികൃഗതെല്ലാം വാസ്തവത്തിൽ എത്ര വിത്രങ്ങളായ മരൂപങ്ങൾ ഇതൊക്കെ നശിക്കും ജഡം ആണ് ക്ഷരം നശിക്കുന്നത് അക്ഷരം നാശമില്ലാത്തത് അധിഭൂതം ക്ഷരോ ഭാവ ഈ ജൂതം എന്ന് വെച്ചാൽ ഉണ്ടായത് ജഡം അധിഭൂതമെന്ന് പറയുന്നത് അലകോ അർജുന ഈ ജഡത്തെയാണ് അധ്യാത്മം എന്ന് പറയുന്നത് ജീവൻ അതിഭൂതം എന്ന് പറയുന്നത് നശിച്ചു പോകുന്ന ഈ ജഡം പുരുഷവും അതിദൈവത്വം പുരുഷനാണ് അതിദൈവത്വം ഓരോ ഘടകത്തിലും ജീവപ്രതിബിംബത്തിന് ഹേതുവായി നിൽക്കുന്ന ശുദ്ധബോധം ആ ശുദ്ധബോധത്തെയാണ് പുരുഷൻ ദേവൻ എന്നൊക്കെ പറയുന്നത് ഇപ്പം സൂര്യനൽ സൂര്യനൽ അതല്ല ജീവബോധത്തെ ജീവൻ പ്രതിബിംബമാണ് ആ പ്രതിബിംബത്തെ ഉണ്ടാക്കുന്ന ബിംബം ശുദ്ധബോധം അതിനെയാണ് പുരുഷൻ ദേവൻ എന്നൊക്കെ നമ്മൾ സൂര്യനെ ദേവനായി ഉപാസിക്കുന്നു തേജോമയങ്ങളായ ഗ്രഹങ്ങളെയൊക്കെ ദേവന്മാരായി ഉപാസിക്കുന്നു പിന്നെ ഏതേതെല്ലാം കൂടുതൽ ശക്തിമത്തും തേജോമയവുമായി കാണുന്നുവോ അവയിലൊക്കെ അവയെ ഒക്കെ ഈശ്വരനായി കണക്കാക്കാൻ മനുഷ്യന് ഒരു പ്രത്യേക താല്പര്യമുണ്ട് അതെന്താ അങ്ങനെ വന്നത് അതെ അത് ഈ പുരുഷനെ ആശ്രയിച്ചാണ് അതിലുള്ള ബോധം ബോധം എല്ലാറ്റിലും ഇല്ലേ അതായത് ജീവപ്രതിബിംബം ഉളവാക്കുന്ന ബോധം ഉറുമ്പിലുമുണ്ട് സൂര്യനിലുമുണ്ട് പക്ഷെ ഉറുമ്പിൽ ആ ബോധം കൂടുതൽ തേജസ്സോ ശക്തിയോ പ്രകടമാക്കുന്നില്ല നേരെ മറിച്ച് സൂര്യനിലും ചന്ദ്രനിലും അഗ്നിയിലും അഗ്നിദേവൻ എന്നല്ലേ നാം പറയുന്നത് ഭൂമിയിലും ഭൂമിദേവി എന്ന് പറയുന്ന ഒരു അത്ഭുതം ഇത്രയും ഭൂമിയിൽ ഈ സസ്യജാലങ്ങളും അതും ഇതും ഒക്കെ ഉണ്ടാക്കാൻ കരുത്തുള്ള ബോധം സ്ഥിതി ചെയ്യുന്നു ദേവസങ്കല്പം അന്ധവിശ്വാസമല്ല പിന്നെയോ അവയിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധ ബ്രഹ്മത്തെ ആശ്രയിച്ചാണ് ദേവസങ്കല്പം ഇപ്പോൾ സൂര്യനെ നമ്മൾ ദേവനായി കാണുന്നുവെങ്കിൽ അതിലൊരന്ധവിശ്വാസവുമില്ല ആ കാഴ്ച നമ്മൾ നിശ്ചയമായും രക്ഷിക്കുകയും ചെയ്യും എന്തിനു വേണ്ടി സൂര്യനെ ദേവനായി കാണുന്നുവോ അത് കിട്ടും ഇപ്പം പൊങ്കാല ഇടുന്നു എന്താ നമ്മളിപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ പൊങ്കാലയാണ് ഇന്നും ഇന്നലെയുമൊക്കെ ചില ക്ഷേത്രങ്ങളിൽ പൊങ്കല ആയിരക്കണക്കിന് ആളുകളാണ് ഞങ്ങൾ ഇന്നലെയും ഇങ്ങോട്ട് വന്നപ്പോൾ ചാമുണ്ടി കരിക്കലം ചാമുണ്ടി ക്ഷേത്രത്തിലെ പൊങ്കലാണ് വളരെ റോഡിൽ യാത്ര തന്നെ മുടങ്ങി അത്ര രണ്ട് അമ്മമാർ കലവും ഒക്കെ ആയിട്ട് വരികയാണ് ഇതെങ്ങനെ ഈ അമ്മമാരെയൊക്കെ ആരും വീട്ടിൽ പോയി പ്രേരിപ്പിച്ചിട്ടല്ലോ ആയിരക്കണക്കിന് അമ്മമാർ റോഡിൽ പോലും പൊങ്കാല പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ സൂര്യനെ ആശ്രയിച്ച് ഞായറാഴ്ച മറ്റും പൊങ്കാല ഇടുമായിരുന്നു ഞാൻ പൊങ്കാല ഇട്ടിട്ടുണ്ട് സൂര്യനെ ആശ്രയിച്ചുള്ള പൊങ്കാല ഞായറാഴ്ച ഇന്നിപ്പോൾ അത് അധികം കാണാനില്ല ഇന്ന് ക്ഷേത്രങ്ങളിലെ പഴഞ്ചിറ ക്ഷേത്രത്തിലെ പൊങ്കാലയാണെന്ന് ഇങ്ങനെ എല്ലാ ക്ഷേത്രത്തിലും മിക്കവാറും ഇന്ന് പൊങ്കാല ഇന്നല്ല ഏതെങ്കിലും ഒരു ദിവസം അതിന് ആരും പോയി ആരെയും ക്ഷണിക്കണ്ട ആയിരക്കണക്കിന് അമ്മമാരും കുട്ടികളും ഒക്കെ അതിന് തയ്യാറായി വരും അറവില്ല അവർക്കെന്തോ ഒരു വിശ്വാസം അമ്മ ചക്കുളത്തമ്മ ചക്കുളത്തമ്മയ്ക്ക് പൊങ്കാലയിട്ടാൽ നിശ്ചയമായും കാര്യം സാധിക്കും എന്നുറപ്പ് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് സാധിക്കുകയും ചെയ്യുന്നു പലതും അപ്പോൾ ഈ ദേവസങ്കൽപ്പം വെറും അന്ധവിശ്വാസമല്ല തൈതോമയങ്ങളായ പ്രപഞ്ചഘടകങ്ങൾക്കുള്ളിൽ ജീവഭാവത്തെ ഉണ്ടാക്കിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്ന ശുദ്ധ ബ്രഹ്മമാണ് ദേവംശം ബ്രഹ്മം സർവത്ര നിറഞ്ഞു നിൽക്കുകയാണ് സർവത്ര സർവജ്ഞനാണ് ഇതൊന്നും പറഞ്ഞാൽ നമുക്കങ്ങോട്ട് വിശ്വസിക്കാൻ പ്രയാസം പക്ഷെ ഒരു കാര്യം നമ്മൾ മറക്കുന്നു അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ എവിടെ നിന്നും ഉണ്ടായി ഈ ബ്രഹ്മത്തിൽ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ബോധം ആകാശത്തെ ആകാശം ആ ബോധത്തിൽ ആദ്യം കാണുന്ന കാഴ്ചയാണ് അവ്യക്തം ആകാശം അപ്പോൾ ആകാശത്തിനതിരുണ്ടോ ആകാശത്തിന് തുടക്കമുണ്ടോ ഒടുക്കമുണ്ടോ ആകാശം ബ്രഹ്മശരീരം എന്നാണ് ഉപനിഷത്ത് പറയുന്നത് ബ്രഹ്മത്തിൻ്റെ ശരീരമാണ് ആകാശം ആകാശ ശരീരം ബ്രഹ്മ ആകാശമെന്ന ദേഹത്തോടു കൂടിയതാണ് ബ്രഹ്മം ഇത് ഇവിടെ തുടങ്ങി എവിടെ ഒും ആർക്കും ഒരു നിശ്ചയമില്ലേ ഒരു ശാസ്ത്രജ്ഞനും നിശ്ചയമില്ല സ്പേസ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും പലരോടും ചോദിച്ചു സ്പേസ് സയൻറ്റിസ് അതൊക്കെ എന്താ ഈ സ്പേസ് എവിടെ തുടങ്ങി അതിൻ്റെ നമ്മുടെ ഭൂമി ഭൂമിയിൽ നിന്നല്ല ഈ സൗരയൂഥ ഘടകങ്ങളൊക്കെ നവഗ്രഹങ്ങളുമൊക്കെ ആകാശത്തിലാണ് നിൽക്കുന്നത് ആകാശത്തിലെവിടെ അറ്റത്താണോ അതോ മധ്യത്താണോ ഒന്നും നിശ്ചയിക്കാൻ വയ്യ ആകാശം എവിടെ തുടങ്ങുന്നു ഇതൊരദ്ഭുതമാണ് അത്ഭുതം ീ ആകാശം ബ്രഹ്മത്തിൻ്റെ ശരീരമാണ് അപ്പോൾ ബ്രഹ്മം എവിടെയൊക്കെ നിൽക്കുന്നു ബോധം ആകാശം ഇടതി ബോധം ഇവിടെ ഇവിടെ ഇപ്പം എത്ര സ്പഷ്ടമാണ് കാറ്റ് വീശുന്നില്ലേ ഈ കാറ്റ് വീശുന്നത് എവിടെ നിന്നാണ് ഈ ബോധത്തിൽ നിന്നാണ് ആദ്യം ആകാശം ഉണ്ടെന്ന് തോന്നി പിന്നെ അതിൻ്റെ ചലനം ആകാശം അതിസൂക്ഷ്മമായ ശക്തിസ്പന്ദനമാണ് കുറച്ചുകൂടെ ആശക്തിസ്പന്ദനം ഇതൊക്കെ നമുക്കൊക്കെ മനസ്സിലാകും കുറച്ചുകൂടെ ആശക്തിസ്പന്ദനം കട്ടുപിടിച്ചപ്പോൾ വായു അത് കുറച്ചുകൂടെ കട്ടുപിടിച്ചാൽ അഗ്നി അഗ്നി കുറച്ചുകൂടെ കട്ടുപിടിച്ച് ഒന്ന് രൂപം മാറിയാൽ വെള്ളം ഇതൊക്കെ എങ്ങനെ അതാണല്ലോ എങ്ങനെ ആർക്ക് പറയാൻ കഴിയും വേദശാസ്ത്രജ്ഞന് പറയാൻ കഴിയും ഓക്സിജനും ഹൈഡ്രജനും ചേർന്ന് വെള്ളമുണ്ടാകുന്നു സമ്മതിച്ചു രണ്ട് ഗ്യാസ് ചേർന്ന് സ്നേഹിത വെള്ളം എങ്ങനെ ഉണ്ടായി ആ എങ്ങനെയെന്നൊന്നും ചോദിക്കരുത് ഉണ്ടായി ഞങ്ങൾ വേണമെങ്കിൽ ലാബറട്ടറിയിൽ കൊണ്ടുചെന്ന പരീക്ഷിച്ച് തെളിയിക്കാം പക്ഷേ എങ്ങനെ അറിഞ്ഞുകൂടാകും അറിഞ്ഞുകൂടാം ഈ പ്രപഞ്ചത്തിലെ ഒരൊറ്റ കാര്യത്തെക്കുറിച്ചും വ്യക്തമായി അറിയാം എന്ന് പറയാൻ കഴിവുള്ള ഒരാൾ ലോകത്തില്ല തൽക്കാലം ചിലതറിയാം പക്ഷെ ഒരു ചോദ്യം അപ്പുറത്തോട്ട് ചോദിച്ചാൽ അറിഞ്ഞുകൂടാകും നിശ്ചയമായും അതാണ് അതുകൊണ്ടാണ് വേദാന്തി ഇതൊക്കെ എങ്ങനെ ബോധത്തിൽ ഇതൊക്കെ മായ ഉണ്ടായതായി തോന്നുന്നു വാസ്തവത്തിൽ ഉണ്ടായോ വാസ്തവത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടായെങ്കിൽ നമുക്ക് ഇതെങ്ങനെ എന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എന്തിന് നമ്മുടെ ഈ ആറ്റൻ ബാമ്പം ഒക്കെ ഉണ്ടാക്കുന്ന ഈ കാലത്ത് പോലും ശക്തിസ്പന്ദനം എനർജിയുടെ വൈബ്രേഷൻ എങ്ങനെ എങ്ങനെ ഈ വൈബ്രേഷൻ ഉണ്ടായി ഏത് ഗംഭീര ശാസ്ത്രജ്ഞനെയും വിളിച്ച് ചോദിച്ചു എന്തിനുണ്ടായി ഈ വൈബ്രേഷനാണല്ലോ പിന്നെ ആറ്റമായിട്ട് തീർന്നു എനർജിയുടെ വൈബ്രേഷൻ ആറ്റമായി എങ്ങനെ അത് ആറ്റമായി ആറ്റംസ് ഫണ്ടമെൻ്റൽ എലമെൻസായി എങ്ങനെ എന്തിന് ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഒരൊറ്റ കാര്യത്തിലും ഉത്തരമില്ല ഒരു ഗംഭീര ശാസ്ത്രജ്ഞനെ പോലും ഉത്തരമില്ല അതുകൊണ്ടാണ് മായ ഒരു പ്രപഞ്ചത്തെ മില്യൺ സബ് സോളാർ സിസ്റ്റംസ് അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെടുന്ന ഈ ലോകത്തെ ഉണ്ടാക്കി കാണിക്കുന്ന ബ്രഹ്മം ബോധം ബോധമാണ് അതും ആർക്കും ചോദ്യം ചെയ്യാൻ സാധ്യമല്ല എവിടെ എവിടെയൊക്കെ ഇതുണ്ടോ എവിടെയൊക്കെ ബോധമുണ്ട് ആ ബോധത്തെ ബോധമാണ് ശാസ്ത്രീയമായ ഈശ്വര തത്വം അതായത് ബ്രഹ്മം അപ്പോൾ അക്ഷരം ബ്രഹ്മപരമം എന്ന് ഭഗവാനിപ്പോൾ പറഞ്ഞില്ലേ പരമകാരണം പ്രപഞ്ചത്തിൻ്റെ പരമകാരണം ഗീതയൊക്കെ കണ്ടെത്തിയ ശാസ്ത്രതത്വത്തെ കവിഞ്ഞ് ഒരു ശാസ്ത്രതത്വവും ഇനി ആരും കണ്ടെത്താൻ പോകുന്നില്ല ഒരു കാലത്തും അക്കാര്യത്തിൽ സംശയമില്ല പക്ഷെ ഗീതയൊന്നും ആ രീതിയിൽ വേണ്ടത്ര ആരും പഠിക്കുന്നില്ല എങ്ങനെ വായിക്കുക അപ്പോൾ ഈ പരമാത്മതത്വം അതായത് ബോധം ബോധമാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന് തീർച്ച അക്കാര്യം മാത്രം തീർച്ച അതെങ്ങനെ ബോധമുണ്ടോ ഇതൊക്കെ ഉണ്ട് ഇത് ഭാഗവതത്തിൽ ബ്രഹ്മാവിനോട് വിഷ്ണു പറയുന്നതാണല്ലേ ഞാൻ പറയുന്നതല്ല എടോ സത്യം അന്വേഷിക്കാൻ എന്താ പ്രയാസം എന്തുണ്ടെങ്കിൽ ഈ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട് ബോധം എന്ന രണ്ടരത്തിൽ ഒതുങ്ങുന്ന പദാർത്ഥ വസ്തു ഉണ്ടോ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട് യാതെന്താ സറിയും ബോധം ബോധം എന്താണെന്ന് ചോദിക്കുന്നത് ആരാ ബോധം ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തുവാണ് ബോധം എവിടെയും എന്തും ഉണ്ട് എന്നാരനുഭവിക്കുന്നു ആ വസ്തുവാണ് ഉണ്ട് എന്നനുഭവങ്ങളുള്ള വസ്തു ബോധം ബോധത്തിൻ്റെ നിർവചനം ഞാനുണ്ട് എന്ന് നമ്മുടെ ഉള്ളിൽ ഞാൻ ഉണ്ടെന്നനുഭവിക്കുന്നു മറ്റെല്ലാം ഉണ്ടെന്നനുഭവിക്കുന്നു ആ ബോധമില്ലയോ ഞാനെന്ന ബോധം നമ്മുടെ ഉള്ളിൽ ഇല്ലയോ തീർന്നു അനന്ത കോടി പെരുമാണ്ടങ്ങൾ നമുക്ക് ശൂന്യം ഇല്ല അപ്പോൾ ഈ ബോധത്തെ എന്ന് പറയുന്നത് പരമം സ്വഭാവമോ അധ്യാത്മമുചേതയായി ആ ബ്രഹ്മത്തിൽ ഒരു കാരണവും കൂടാതെ പൊന്തി വന്നതാണ് ജീവൻ ഞാൻ ഞാൻ ഞാൻ എന്ന ജീവൻ അധിഭൂതം ക്ഷരോഭാവ നശിക്കുന്നതാണ് അധിഭൂതം ചെറ്റടം ഈ ജഡരൂപങ്ങളൊക്കെ ഉണ്ടായതായി തോന്നി സ്വല്പം കഴിഞ്ഞ് നശിക്കുന്നു അതുകൊണ്ട് അതിനെ ക്ഷരബ്രഹ്മം എന്നാണ് അതും ബ്രഹ്മമാണോ കാരണം ബ്രഹ്മത്തിലെന്ന് തോന്നിയതല്ലേ അധിഭൂതം ക്ഷരോഭാവ പുരുഷസ്ഥാധിദൈവത്വം ആ ഓരോ കാഴ്ചയിലും സ്ഥിതി ചെയ്യുന്ന ശുദ്ധമായ ബ്രഹ്മ പുരുഷൻ ദൈവം അഗ്നി ദേവൻ ദേവൻ ഗംഭീരമായ ശാസ്ത്രമാണ് അല്ലാതെ ചുമ്മാ സൂര്യനെ ദേവനെന്നാരാധിക്കുന്നത് അന്ധവിശ്വാസമാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞാൽ പരമാവർദ്ധം പുരുഷശ്ചാധി ദൈവതം അധിയജ്ഞോ അഹമേവ അലോ അർജുന അധി യജ്ഞം ഞാൻ തന്നെയാണ് അതായത് യജ്ഞമനുഷ്ഠിച്ചാൽ ഒടുവിൽ ആ യജ്ഞം ഇവിടെ ചെന്ന് നിൽക്കും ബ്രഹ്മത്തിൽ ബ്രഹ്മത്തെ അനുഭവിക്കാൻ കഴിയും യജ്ഞം എന്ന് വെച്ചാൽ യജിക്കുക വാസനയൊക്കെ യജിക്കുക യജിച്ച് ബ്രഹ്മചിന്തനത്തിൽ വാസനയെ യചിക്കുക അതെന്താ സാർ മനസ്സിലായില്ലല്ലോ അത് മനസ്സിലാക്കാനൊന്നുമില്ല ഇപ്പം കസേര എന്ന് പറഞ്ഞു ഞാൻ തീരുമാനിക്കുന്നു കസേരയുള്ള ബ്രഹ്മം അപ്പോൾ കസേര എരിഞ്ഞു കഴിഞ്ഞു പിന്നെ ഉള്ളതെന്ന ബ്രഹ്മം കസ എന്ന് തീരുമാനിച്ചത് വാസന വസ്തുവിനെ കണ്ടുപിടിച്ചത് അതിനെ ഏരിച്ചിട്ട് അതിൻ്റെ ബ്രഹ്മം അപ്പോ എല്ലാം മനസ്സിലായോ അധി യജ്ഞം അഹമേവോ അത് ഞാൻ തന്നെ അർജുന പ്രയാണകാലയെ പിതചയത്ത സഹ ഇതൊക്കെ നല്ലവണ്ണം മനസ്സിലാക്കി പിന്നെ ഭജിക്കുന്നവർ ഏഴാം അധ്യായത്തിൽ അതൊക്കെ വ്യക്തമായി പറഞ്ഞതാണ് അർജുന ഞാനല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല പക്ഷെ അതെല്ലാവരും പെട്ടെന്ന് അങ്ങോട്ട് പിടികിട്ടുന്നില്ല എത്രയൊക്കെ ആവർത്തിച്ച് പറഞ്ഞാലും ഈ കസേര ബോധമാണ് ബ്രഹ്മമാണ് ആർക്കും അത് വിശ്വസിക്കാൻ വയ്യ ബ്രഹ്മമാണെങ്കിൽ കസേരയെ ബ്രഹ്മമായിട്ടോർമ്മിക്കണം പക്ഷെ കസേര എനർജിയാണ് എന്ന് പറഞ്ഞാൽ ഇന്നാർക്കും തള്ളിക്കളയാനൊക്കില്ല മോഡേൺ സയൻസ് അതുവരെ എത്തിയിട്ടുണ്ട് മോഡേൺ സയൻസ് കിടന്ന് പെടയുന്നത് എനർജി എവിടെ നിന്നും സ്പന്ദിച്ചു എനർജിയുടെ വൈബ്രേഷൻ എവിടെ നിന്നുണ്ടായി അതറിയാൻ പറ്റുന്നില്ല അതിനാണുള്ള വൻപിച്ച പരീക്ഷണങ്ങൾ കണികാ പരീക്ഷണം അതിതൊക്കെ നടത്തുന്നത് കോടി കോടി ഡോളർ ചിലവാക്കി കണികാപരീക്ഷണവും മറ്റും നടത്തുന്ന എന്താ ഈ എനർജിയുള്ള ഉത്പത്തിസ്ഥാനം കണ്ടുപിടിക്കണം ഒരിക്കലും കണ്ടുപിടിക്കാനൊക്കെ ഇല്ല എന്തെന്നോ എനർജി സ്പന്ദിച്ചിട്ടില്ല സ്പന്ദിക്കുന്നത് തോന്നുന്നു അത്രയുള്ളൂ അതാണിത് മായ മരുഭൂമിയിലെ കാനൽ ജലത്തിൻ്റെ ഉറവിടം കണ്ടെത്തണം ഒരാൾ മരുഭൂമിയിൽ സഞ്ചരിച്ചപ്പോൾ വൻപിച്ച ഒരു ജലാശയം അവിടെ കാണുന്നു തീരെ ഈ മരുഭൂമിയിൽ ഈ വെള്ളം എങ്ങനെ ഊറി വന്നു അതിൻ്റെ ഉറവിടം ഞാൻ കണ്ടെത്തിയേ അടങ്ങും നല്ലത് അത് കണ്ടെത്താനായി ശ്രമിച്ചാൽ ഒടുവിൽ എന്ത് കണ്ടെത്തും മരുഭൂമിയെ കണ്ടെത്തും അത് വെള്ളം കാണാൻ പോകുന്ന വെള്ളം ഊറിയിട്ടില്ല വലിയ ജലാശയമൊക്കെ തായിട്ട് തോന്നുന്നു ഒരു തുള്ളി വെള്ളം പോലും ഓറിയിട്ടില്ല അതുപോലാണ് ഈ പ്രപഞ്ചം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് ഒരു ശക്തിസ്പന്ദനം പോലും ഇവിടെ നടന്നിട്ടില്ല ഇതാര് പറയുന്നു പരമസത്യം കണ്ട നമ്മുടെ ഋഷീശ്വരന്മാർ അവരാ സത്യം കണ്ടു കണ്ടപ്പോഴോ പ്രകാശമയം സർവത്ര നിറഞ്ഞു നിൽക്കുന്നു അചഞ്ചലം കേട്ടിട്ടില്ല അചഞ്ചലം നിർവികാരം ആനന്ദഘനം പക്ഷെ ഇപ്പൊ നമുക്കത് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ ഈ ചടിക്കുന്ന ഇതൊക്കെ പക്ഷെ ഇതൊക്കെ വെറും വെറും തോന്നൽ സ്വപ്ന ഇന്ദ്രജാല സദൃശം വിദ്യാരണ്യസ്വാമികൾ പറയുന്നേ സ്വപ്ന ഇന്ദ്രജാലസം ഈ പ്രപഞ്ചം എന്താ ഒരു അല്ലെങ്കിൽ ഇന്ദ്രജാലം സ്വപ്നത്തിൽ വസ്തുക്കളൊന്നും ഉണ്ടാവുന്നില്ല പക്ഷെ ഉണ്ടാവുന്നതായി കാണുന്നു ഇന്ദ്രജാലം ഒരു മനുഷ്യൻ ചിലതൊക്കെ ഉണ്ടാക്കി കാണിക്കൊന്നും ഒന്നും ഉണ്ടാവുന്നില്ല ഉള്ളതായി കാണുന്നു ഇപ്പൊ സ്വപ്ന ഇന്ദ്രജാല സദൃശം ഈ ലോകം ഈ പ്രപഞ്ചം അനന്ത ഓടി ബ്രഹ്മാണ്ടങ്ങൾ എന്താണ് സ്വപ്നം പോലെയോ പൊരിന്ദ്രജാലം പോലെയോ എന്താ കാരണം അചിന്ത്യ രചനാത്മകവും എന്ന് ഗംഭീരവുമായിട്ട് പറയുന്നു നോക്കുക ഇത് എങ്ങനെ ഉണ്ടായി എവിടെ ഉണ്ടായി എന്തിനുണ്ടായി ഈ ചോദ്യത്തിനൊന്നും ഒരു ഉത്തരവുമില്ല സൂര്യൻ എന്തിനുണ്ടായി ഇങ്ങനെ അനന്ത ഓടി സൂര്യന്മാർ എവിടെ ഉണ്ടായും എന്തിനുണ്ടായും വേദാന്തിയുടെ ഉത്തരം എന്താ ഉണ്ടായിട്ടില്ല പിന്നെ കാണുന്നതൊക്കെ ബ്രഹ്മം മരുഭൂമിയിൽ കാണുന്ന എല്ലാ തിരകളും മരുഭൂമി അല്ല അവിടെ തിരയും ഉണ്ടായിട്ടില്ല ഇത് ഉറപ്പിക്കാമോ അപ്പൊ കാണുന്നതിലൊക്കെ ഇത് അങ്ങോട്ട് ചിന്തിച്ച് മനസ്സിൽ ഉറപ്പിക്കാമെങ്കിൽ കാണുന്നതൊക്കെ ബ്രഹ്മമായി ഓർമ്മിക്കാനും ഒരു പ്രയാസവും ഇല്ല എന്താണ് എന്നൊന്ന് ചിന്തിക്കണം ഞാനാരത് എന്നീ രണ്ട് ചോദ്യത്തിനും ഉത്തരം കണ്ടുപിടിക്കാത്തത് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഇതിൻ്റെ പുറകെ പോകുന്നത് പുറകെ പൊയ്ക്കൊള്ളു അനുഭവിക്കാവുന്നതൊക്കെ അനുഭവിച്ചുള്ളൂ ഉണ്ടാക്കാവുന്ന പണമൊക്കെ ഉണ്ടാക്കിക്കൊള്ളൂ പക്ഷേ ഇതോർമ്മ വേണം ഒന്നുമില്ല ഇത് സാധിക്കുമ്പോൾ അതായത് ഭാഗവതത്തിലും മറ്റും അമ്പരീഷൻ അംബരീഷൻ്റെ കഥ വായിച്ചു നോക്കുക അംബരീഷൻ ശ്രുതേഷു ദാരേഷു അസാധാരണ ഇതിലല്ല ശ്രുതേഷു ദാരേഷു ഗൃഹേഷു ബന്ധുഷു ദ്വിഭോത്തമ സ്യന്തനവാദി പത്തിഷു തന്നെ ആനസൈന്യം കുതിരസൈന്യം കാലാത്സൈന്യം അക്ഷയ രത്നാഭരണായുധാദിഷു ഒരിക്കലും ക്ഷയിക്കാത്തവണ്ണമുള്ള ആഭരണം ധനം ഒക്കെ അദ്ദേഹത്തിൻ്റെ ഖജനായലുണ്ട് പക്ഷേ അകലോത് അസന്മത്തിം എത്ര സ്പഷ്ടം ഇതൊന്നും ഇല്ല ഉള്ളതെന്താ ബ്രഹ്മം ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് അംബരീഷൻ രാജ്യം ഭരിച്ചത് ആ അംബരീഷൻ്റെ മുമ്പിൽ വലിയ യതീശ്വരനാണ് എന്നഹങ്കരിച്ച് നടന്ന ദുർവാസാവ് പോലും ഒടുവിൽ തല കുനിച്ചു ഉടങ്ങി ക്ഷമ ചോദിച്ചു അത് അംബരീഷൻ ഒന്നും ചെയ്തിട്ടല്ല അംബരീഷൻ്റെ ഈ ബ്രഹ്മനിഷ്ഠയുടെ മഹത്വം ഞാനെന്തിനേയും പറഞ്ഞു ഈ കാണുന്നതൊക്കെ ബ്രഹ്മമാണ് എന്നോർമ്മിക്കാൻ കഴിഞ്ഞാൽ മറ്റൊരു ഉപാസനയും വേണ്ട ഒരു സാധനയും വേണ്ട പക്ഷേ അത് സാധ്യമല്ല അതുകൊണ്ടാണിപ്പോൾ അക്ഷരബ്രഹ്മോപാസന ഈ എട്ടാം അധ്യായത്തിൽ ഭഗവാൻ ഈ ബ്രഹ്മഭാവങ്ങളെയൊക്കെ കാണുമ്പോൾ ബ്രഹ്മത്തോട് ചേർന്നവയാണ് അവ എന്നെങ്കിലും ഓർമ്മിക്കൂ അവയൊക്കെ ബ്രഹ്മമായിട്ട് കാണാൻ പറ്റുന്നില്ല ജീവനെ ജീവനെ ബ്രഹ്മമായിട്ട് കാണാൻ പറ്റുന്നില്ല എന്നാൽ ബ്രഹ്മത്തിൽ സ്വയം പൊന്തി കാണുന്ന ഒരു കാഴ്ചയാണ് ജീവൻ എന്നെങ്കിലും ഓർമ്മിക്കൂ സൂര്യനല്ലേ തേജോമയമായ പുരുഷനെ ബ്രഹ്മമായി കാണാൻ പറ്റുന്നില്ല എന്നാൽ ദേവനായിട്ടെങ്കിലും കാണൂ അല്ലാതെ അത് സത്യമായതും ഉണ്ടല്ല എന്തിന് ഇങ്ങനെ ഈ നാലഞ്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ അധ്യാത്മം അതിദൈവം അധിയജ്ഞം കർമ്മം എന്താ കർമ്മം ഭൂതഭാവോത്ഭവകരവോ വിസർഗകർമ്മം ഈ ഈ പ്രപഞ്ചങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ശക്തിസ്പന്ദനം ഇങ്ങനെ പുറപ്പെടുന്നതാണ് കർമ്മം കർമ്മം എവിടെ ആരംഭിക്കുന്നു ശക്തിസ്പന്ദനത്തിൽ ആരംഭിക്കുന്നു വാസ്തവത്തെ ആരംഭിക്കുന്നു നമ്മൾ പറഞ്ഞല്ലോ ഇല്ല പക്ഷെ തോന്നുന്നു ആ തോന്നാൽ ഉള്ളിടത്തോളം ഈ ശക്തിസ്പന്ദനം എവിടെ നിന്ന് വന്നു ബ്രഹ്മത്തിൽ നിന്ന് വന്നു അതുകൊണ്ട് അതും ബ്രഹ്മം തന്നെയാണ് അങ്ങനെ നമുക്ക് കുറേശ് കുറേ ഇതിലൊക്കെ ബ്രഹ്മഭാവം കണ്ട് കണ്ട് ഒടുവിൽ സർവം ബ്രഹ്മം എന്ന് കണ്ടെത്താൻ കഴിയും അതിനു വേണ്ട പ്രാരംഭ നിർദ്ദേശമാണ് ഇതെല്ലാം അല്ലാതെ ഇത് യഥാർത്ഥത്തിൽ ഉള്ളതാണ് എന്നുറപ്പിച്ചു കൊണ്ടല്ല ഭഗവാൻ ഇതൊക്കെ പറയുന്നത് എന്നിട്ട് ഭഗവാൻ പറയുന്നു ഒരു ജീവിതക്രമം എം എം വാവിസ്മരൻ ഭാവം ത്യജത്യന്തേയ കടയവരം തം തമേയ കദാ തദ്ഭാവഭാവിത പ്രയാണകാലത്തിൽ ബ്രഹ്മത്തെ അറിയാൻ കഴിയും എങ്ങനെയായാൽ ജീവിച്ചിരുന്ന കാലത്ത് ബ്രഹ്മത്തെ ചിന്തിച്ച് എനിക്കീ ബ്രഹ്മാനുഭവം ഉണ്ടാകണം എന്നു കാര്യമായി മനസ്സിൽ ഉറപ്പ് വരുത്തിയാൽ മരണവേളയിൽ ബ്രഹ്മത്തെ അനുഭവിക്കാൻ കഴിയും ശുദ്ധബോധത്തെ വേറൊന്നുമില്ല ശുദ്ധബോധം എന്ന് പറഞ്ഞാൽ ശുദ്ധാനന്ദം ശുദ്ധാനന്ദത്തോടുകൂടി മരിക്കാൻ കഴിയും അതെന്ത് നിയമമാണ് ഭഗവാന് എം എം വാവിസ്മരൻഭാവം ത്യജത് അന്തയ കളയവരം തം തമേന വൈതി കൗന്ദയ സദാ തദ്ഭാവ ഭാവിത അർജുന ഏതേത് ഭാവത്ത് അവലംബിച്ചുകൊണ്ട് ജീവിതം കഴിച്ചുകൂട്ടിയോ ആ ഭാവം മരണവേളയിൽ പ്രത്യക്ഷമായി അനുഭവിക്കാനിട വരും സകല് ഈശ്വരഭാവത്തിൻ്റെയും രഹസ്യമതാണ് ഇപ്പം മരണവേളയിൽ കൃഷ്ണനെ കണ്ടുകൊണ്ട് മരിക്കണം സുഖമായിട്ട് സാധിക്കും ജീവിതകാലം മുഴുവൻ കൃഷ്ണനെ തന്നെ സങ്കല്പിച്ച് ഉള്ളിൽ കൃഷ്ണരൂപമുറപ്പിച്ച് ജീവിച്ച ഒരാളാണെങ്കിൽ മരണവേളയിൽ കൃഷ്ണൻ മുമ്പൊ നിൽക്കും പക്ഷെ അതുകൊണ്ടും കാര്യമായ പ്രയോജനം നല്ലതുണ്ടാകുമോ വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാനില്ല കൃഷ്ണൻ മുമ്പ് വന്നു എന്ന് വെച്ച് എന്താ പ്രയോജനം അടുത്ത ജന്മവും കൃഷ്ണനെ ഭജിക്കുന്ന ഒരു കൃഷ്ണഭക്തനായിട്ടൊന്ന് ജനിക്കേണ്ടി വരും വെച്ച മരണവേളയിൽ ഏത് ഭാവനയുമായി സൂക്ഷ്മശരീരം ഇറങ്ങിപ്പോകുന്നു ആ ഭാവനയ്ക്കനുസരണമായി ജന്മം ഇപ്പം നമ്മൾ പറയുന്നില്ലേ കുട്ടിക്കാലത്തെ ചില കൃഷ്ണ കൃഷ്ണഭക്തി എന്താ കാര്യം ഇതാണ് ഈ കുട്ടിക്കാലത്തെ ചില പ്രത്യേകതകൾ ചില കുട്ടികൾക്കുള്ളതായി കുട്ടിക്കാലത്തെ എഞ്ചിനീയറിങ്ങിൽ അവന് വലിയ താല്പര്യം എന്താ കാര്യം അവന് എഞ്ചിനീയറിങ് പഠിച്ചുപിടിച്ച് മരിക്കാൻ സമയത്തും ആ എഞ്ചിനീയറിങ് അതിൻ്റെ കാര്യമൊക്കെ ചിന്തിച്ചുകൊണ്ട് മരിച്ചു വീണ്ടും അതേ രീതിയിൽ വന്ന് ജനിക്കും ഇത് അതിഗംഭീരമായ ഒരു ജീവിത രഹസ്യമാണ് അടുത്ത ജന്മം എങ്ങനെ വേണം ജനിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത ജന്മം എങ്ങനെ വേണമെന്നാണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തെ നല്ല ശക്തിപ്പെടുത്തിക്കൊണ്ട് മരിക്കുക അടുത്ത ജന്മം ചിലരതിശഹിക്കാറുണ്ട് ചിലർക്ക് ഈ ജന്മത്തിൽ ഒരു കാരണവും കൂടാതെ പണമിങ്ങോട്ട് വന്ന് കയറുകാണും എല്ലാവർക്കും വരുന്നില്ല ഏ ഇങ്ങനെ പണം വരാനെന്താ കാര്യം അയാൾ കഴിഞ്ഞ എണ്ണം മരിച്ചപ്പോൾ പണം പണം പണം എന്ന് ഹരിച്ചുകൊണ്ട് മരിച്ചു മതിയായില്ല അപ്പോൾ ഈ ജന്മത്തിൽ ഇഷ്ടം പോലെ പണം പേര് ചില പ്രത്യേക കഴിവുകൾ ഇതൊക്കെ ഇതൊക്കെ അതിഗംഭീരമായ ശാസ്ത്രതത്വമാണ് എനിക്കൊന്നും വേണ്ട ഭഗവാൻ മാത്രം ബ്രഹ്മം സർവത്ര ബ്രഹ്മാനുഭവം അതിരറ്റ ആനന്ദത്തിൽ ബ്രഹ്മഭാവം കൈക്കൊണ്ട് മരിക്കാൻ കഴിയും അവൾ പിന്നെ വീണ്ടും ജനിക്കുന്ന പ്രശ്നമില്ല മാമുപേത്യതു കവിന്ധേയ പുനർജന്മ നവിദ്യത്തെ അർജുന എന്നെ പ്രാപിച്ചാൽ പുനർജന്മില്ല മറ്റെല്ലായിടത്തും ജനിക്കേണ്ടി വരും കൃഷ്ണനെ ഭജിച്ചാലും ജനിക്കണം ദേവിയെ ഭജിച്ചാലും ജനിക്കണം ദേവീ ഭക്തനായിട്ട് വീണ്ടും ജനിക്കണം മരിക്കാൻ സമയത്ത് ദേവിയെ യാരിച്ചുകൊണ്ടാണ് ജനിച്ചതെങ്കിൽ ദേവീഭക്തനായിട്ട് വന്ന് ജനിക്കാൻ ഇടയാവും എം എം വാവി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം അർജുന അവസാനത്ത് ഏതേത് ഭാവങ്ങളെ ഉറപ്പിച്ചു കൊണ്ട് ശരീരം ഉപേക്ഷിക്കുന്നു തം തമേ വേദി അത് തന്നെ അടുത്ത ജന്മത്തിൽ പ്രാപിക്കും തം തമേ വേദി ഗൗന്ദയ എന്താ കാര്യം സദാ തദ്ഭാവ ഭാവിത എപ്പോഴും കഴിഞ്ഞ ജന്മത്തിൽ അത് തന്നെ ഭാവനം ചെയ്തു ഭാവനം തീവ്രവാദമില്ലെങ്കിൽ ഭീകരത്വം മരിക്കാൻ സമയത്തും ഭീകരനായി ജനിച്ച് വീണ്ടും ഭീകരനായി ജനിക്കും ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അസുരന്മാരെ ഞാൻ വീണ്ടും അസുരന്മാരാക്കി ജനിപ്പിക്കും ഭഗവാന്റെ കുറ്റമല്ല അസുരഭാവത്തിന് ശക്തി കൂട്ടിക്കൊണ്ടവർ മരിച്ചു അവരാരീതിയിൽ ജനിക്കും ഈ പ്രപഞ്ചം ഇങ്ങനെ പോവുകയാണ് ഈ ഇതൊരു വെറും നേരം മോക്കാണ് ഇവിടെ ഒന്നും ഭയപ്പെടാനില്ല ഇനി അടുത്തത് ഭഗവാൻ ഈ അദ്ധ്യായത്തിൽ പറയുന്നതാണ് അർജുന ആ ബ്രഹ്മഭുവനാണ് ലോക പുനരാവർത്തിനും അർജുന ബ്രഹ്മാവിൻ്റെ ലോകം മുതൽ വീണ്ടും വരും വീണ്ടും വരും വീണ്ടും ഇല്ലാതാവും എല്ലാം സൂര്യന്മാരും ചന്ദ്രന്മാരും ഒക്കെ വീണ്ടും വരും വീണ്ടും പോവും ഒരേ ഭൂ ഭൂതവർഗ ഒരേ ഭൂതവർഗം ആവർത്തിക്കുന്നു പടം വരച്ച ഒരു ക്യാൻവാസ് നിവർത്തുകയും മടക്കുകയും ചെയ്യുന്നത് ആണ് ഈ സൃഷ്ടി ഇതുതന്നെ കുറേ കഴിയുമ്പോൾ ലയിക്കുന്നു ലയിച്ചിട്ട് തന്നെ തിരിച്ചു വരുന്നു എന്ന ഏതുപോലെയാണ് അവ്യക്തം അവ്യക്തത്തിൽ നിന്നാണ് സകല പ്രപഞ്ചവും ഉണ്ടാകുന്നത് ഇതൊക്കെ നമ്മുടെ ജീവിതം പരിശോധിച്ചാൽ തന്നെ അറിയാം ഉറക്കം നമ്മൾ ഉറങ്ങി പിറ്റേ ദിവസം എണേറ്റു തലേ ദിവസം ഏതെല്ലാം ചിന്തകളും കാര്യങ്ങളുമായിട്ട് ഉറങ്ങിയോ അതേ ചിന്തകളും കാര്യങ്ങളുമായിട്ട് ഉണർന്നു വരും അല്ലാതെ പുന്തോ ഉറക്കം കഴിഞ്ഞ് വന്നപ്പോ അയാൾ ഐ എ എസ് ആയി അങ്ങനെ പറ്റില്ല നിങ്ങൾ എന്തെല്ലാം ചിന്തിച്ചുകൊണ്ടുറങ്ങിയോ അത് തന്നെ ഉണർന്നു വരുമ്പോൾ ഇതാണ് സൃഷ്ടി ലയങ്ങളുടെ ഒരു ചെറിയ മാതൃക നമ്മുടെ ഉറക്കവും ഉണർവുമാണ് ഉറങ്ങുന്നു എല്ലാം തീർന്നു എല്ലാം ഒരു ഇരുണ്ട മറ എല്ലാം ഒരു ഇരുണ്ട മറയായി അവ്യക്തം ഇതിനാണ് അവ്യക്തമെന്ന് പറയുന്നത് ഇത് നമ്മിൽ തമ്മിലുള്ളതുപോലെ ഈ ആകെക്കൂടിയുള്ള പ്രപഞ്ചത്തിനും ഉണ്ട് എന്തൊക്കെ ലയിക്കുന്നു അതൊക്കെ തന്നെ വീണ്ടും ഉണർന്ന് സൃഷ്ടിയായിട്ട് വീണ്ടും വരും ആ ബ്രഹ്മഭുവനാണ് ലോക പുനരാവർത്തിനർജുന അത്ഭുതകരങ്ങളായ ചില ജീവിതരഹസ്യങ്ങളാണ് അപ്പോൾ എന്ത് വേണം എന്തു വേണമെന്ന് നമ്മൾ നിശ്ചയിക്കുക സർവീശ്വരമയം എന്നുറപ്പിക്കുകയാണെങ്കിൽ ലയിക്കാനൊന്നുമില്ല പിന്നെ പൂർണ്ണത അവിടെ പിന്നെ പുനർജന്മം ഉണ്ടാവുന്ന പ്രശ്നമേ ഇല്ല അതുകൊണ്ടാണ് ഈശ്വരൻ മാത്രമേ ഉള്ളൂ ഞാൻ പോലുമില്ല സർവധർമാൻ പരിത്തിച്ച് മാം ഏകം ശരണം എന്ന് പറഞ്ഞ അന്ന് കൃഷ്ണൻ പറഞ്ഞത് നിങ്ങൾക്ക് ജന ജനമരണരൂപമായ ഈ സംസാരം വേണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം വിട്ടിട്ട് ചീവിക്കുമ്പോൾ തന്നെ ഭഗവാൻ ഭഗവാൻ മാത്രം എന്താ ഇത് സാധിക്കുമോ സാറേ എന്തുകൊണ്ട് സാധിക്കില്ല എല്ലാം ഭഗവാൻ കാണുന്നിടത്തൊക്കെ എന്തും ഭഗവാൻ അടുക്കളയിൽ കഞ്ഞയും കറിയും ഒക്കെ ഭഗവാൻ ഉള്ളിൽ ഓർമ്മിച്ചു കൊണ്ടാൽ മതി ആരോടും പറയട്ട ഉള്ളിൽ ഓർമ്മിച്ചാൽ മതി മരണസമയത്തും ഭഗവാൻ മാത്രം ഞാൻ പോലുമില്ല ഞാൻ പോലുമില്ല ഭഗവാൻ മാത്രം എന്തുകൊണ്ടിത് സാധിക്കില്ല കൃഷ്ണൻ പ്രതിജ്ഞ ചെയ്യുകയാണ് സർവധർമാൻ പരിത്യജ മാമേഖം ശരണം അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമേ എല്ലാ ഭേദചിന്തയിൽ നിന്നും ഞാൻ നിന്നെ രക്ഷിക്കാം നിനക്കതോടെ ജനനമരണാത്മകമായ ഈ ഭ്രമം സംസാരഭ്രമം അർജുന അവസാനിച്ച് കിട്ടും ഇതൊക്കെയാണ് ഈ അക്ഷര ബ്രഹ്മയോഗത്തിൽ ഭഗവാൻ ഇനിയും പറയുന്നത് ഇടയ്ക്ക് ഭഗവാൻ ഈ ഉപാസന ശക്തിപ്പെടുത്താൻ പ്രണവോപാസന പറയുന്നുണ്ട് ഓം എന്ന പ്രണവം ഉപാസിക്കണം നമുക്കത് വേണമെന്നില്ല പ്രണവോപാസനയൊക്കെ പരിചയസമ്പന്നനായ ഒരു ഗുരുവിൻ്റെ അടുത്തിരുന്ന് ശീലിച്ചാൽ തരക്കേടില്ല അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും പ്രാണായാമം അതൊക്കെ പല ബുദ്ധിമുട്ടുകളും വരുത്താം എന്തിന് ഭഗവാൻ പറയുന്നത് പുരുഷസ്വരപ്പാർത്ഥ ഭക്തൃത്വന യസ്താന് ഭൂതാന് സർവമിതം തഥം അർജുന മറ്റൊന്നും വേണ്ട ആ പുരുഷനെ കിട്ടണമോ ഭക്ത്യത് അനന്യ അനന്യയാ ഭക്ത മറ്റൊന്നുമില്ല അനന്യ മറ്റൊന്നുമില്ലെന്ന് തീരുമാനിച്ചുകൊണ്ട് ഭക്തി കാണുന്നതൊക്കെ ബ്രഹ്മം ആയാലും പുഴുവായാലും അസുരനായാലും ദേവനായാലും നല്ലതായാലും ചീത്തയായാലും കാണുന്നതൊക്കെ ബ്രഹ്മം ഇത് ഉറപ്പിക്കാമോ ഇത് സയൻസ് മറ്റതൊക്കെ നമ്മളെ സങ്കല്പിച്ചുണ്ടാക്കുന്നതാണ് ദേവന്മാരെയും അതും ഇതുമൊക്കെ ഇത് പൂർണശാസ്ത്രം പിന്നെ പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദ്യത്തെ പൂർണ്ണശ പൂർണ്ണമാതായ പൂർണമേവാ അവശിഷ്യത്തെ അതിഗംഭീരമായ ശാസ്ത്രമാണ് ആ പൂർണ്ണാത് പൂർണ്ണമുദ്യതെന്നുള്ളത് അവിടെ നിന്നും അടുത്തെന്ന് എത്താൻ ആധുനിക ശാസ്ത്രത്തിനോ ആർക്കും കഴിഞ്ഞിട്ടേയില്ല ഇതാണ് എട്ടാം അധ്യായത്തിൽ പറയുന്നത് അർജുന ആ പരമപുരുഷൻ ഭക്തി ലഭ്യസ്ഥ അനന്യ അനന്യ ഭക്തി ലഭ്യ മറ്റൊന്നില്ല എന്നുറപ്പിച്ച ശാസ്ത്രം ആ ഭക്തി കാണുന്നതൊക്കെ ബ്രഹ്മം അതാണ് അനന്യഭക്തി ഇത് മനസ്സിനെ പഠിപ്പിക്കൂ എന്താ പ്രയാസമുണ്ടോ ഞാൻ നോക്കിയിട്ട് വലിയ പ്രയാസമൊന്നുമില്ല കാണുന്നതൊക്കെ ബ്രഹ്മമാണ് എന്നൊന്ന് ചിന്തിക്കണം വേണമെങ്കിൽ കുറച്ച് അതിൻ്റെ അനാസിച്ചിപ്പോൾ ഈ കസേയുടെ ബ്രഹ്മമാണ് ഇത് ഈ എനർജിയാണ് അതെവിടുന്നു പൊന്തി ബ്രഹ്മത്തിൽ കാണുന്ന കാഴ്ച ബ്രഹ്മത്തിൽ കാണും ബോധത്തിൽ കാണുന്ന കാഴ്ച ബോധത്തിൽ കാണുന്നതൊക്കെ ബോധം തന്നെ ഉറപ്പിച്ച് വലിയ ശ്രമവും ഒന്നും വേണ്ട വേണമെങ്കിൽ ആ ശാസ്ത്രീയതയും കൂടെ ഉറപ്പിച്ച് സർവം ഖലുതം ബ്രഹ്മ ഉപനിഷത്ത് പറയുന്നത് ഈ കാണുന്നതൊക്കെ ബ്രഹ്മം തന്നെ ഖലൂ എന്നാ ഇതോർമ്മിച്ച് ഉപാസിക്കൂ സാറേങ്കിലും അതാണ് അല്പം പ്രയാസം എന്ത് പ്രയാസം ഒന്ന് വിചാരിച്ചുകൂടെ ഈ കാണുന്നതൊക്കെ ഇന്നിപ്പോൾ നമ്മളിവിടുന്ന് പോവുകയാണ് കാണുന്നതൊക്കെ ബ്രഹ്മം ആരോടും പറയണ്ട ഒരു മനുഷ്യരോടും പറയണ്ട പുറമേ നമ്മൾ മഹാഗൃഹസ്ഥൻ അല്ലെങ്കിൽ വിദ്യാർത്ഥി എന്താണെന്ന് വെച്ചാൽ അത് പക്ഷേ ഉള്ളിൽ നല്ല രസമാണ് ഉള്ളിൽ ബ്രഹ്മത്തിൻ്റെ കളി ഈ കാണുന്നതൊക്കെ ഭഗവാൻ അങ്ങനെ പലതും പറയുന്നുണ്ട് ഈ എട്ടാം അധ്യായമൊക്കെ ശിവാരവിന്ദ ഗീതാ ഭാഷ്യം വാങ്ങിച്ച് വായിച്ചു നോക്കുക വളരെ വിസ്തരിച്ച് വിശദമായി ഭംഗിയായി അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ശിവാരവിന്ദ ഗീതാഭാഷ്യം വാങ്ങിച്ച് അതിപ്പോൾ കേരളത്തിൽ ധാരാളം ആളുകൾ വാങ്ങിച്ച് വായിക്കുന്നു എട്ടാം അധ്യായത്തെക്കുറിച്ച് ഇനിയും പറയാനുണ്ട് ള ഇനി അടുത്ത ക്ലാസ് നാളെയാണ് ചടുത്ത ആദ്യത്തെ ഞായറാഴ്ച വേറെ ചില അത്യാവശ്യ കാര്യങ്ങളുള്ളതും ഉണ്ട് ക്ലാസ് ഉണ്ടാവില്ല അതിന് പകരം ഈ രണ്ട് ക്ലാസ് ചില രണ്ട് ക്ലാസ് കഴിയുമ്പോൾ ഒരു അധ്യായം തീരും ആ രണ്ട് ക്ലാസ് എന്നുള്ളത് മുടക്കുന്നില്ല നാളെ നാളെ അഞ്ചര മുതൽ ആറര വരെ അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു നാളെ ഓഫീസൊക്കെ ഉള്ള ദിവസമാണ് അഞ്ചു മണി വരെ ആഫീസുണ്ട് ആൾക്ക് വരണമെങ്കിൽ ഒരുപാട് ആൾക്കൂട്ടം ഒന്നും ഇല്ലല്ലോ എന്നൊന്നും ഭയപ്പെടട്ട ആൾക്കൂട്ടം കൊണ്ടൊന്നും ഒരു വിശേഷമില്ല എനിക്ക് വലിയ ആൾക്കൂട്ടം കാണുമ്പോൾ കഷ്ടം എന്ത് എന്ത് കിട്ടുന്നു ഒന്നും കിട്ടുന്നല്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചില കായടികളൊക്കെ കഴിഞ്ഞാൽ എഴുതി കഴിച്ച് പോവാത്രേ ഉള്ളൂ അതുകൊണ്ട് അതല്ല കാര്യം അഞ്ചരക്കെത്തുക നാളെ അടുത്ത മാസത്തിലും അങ്ങനെയാണ് ഏപ്രിലിൽ ഇരുപത്തഞ്ചും ഇരുപത്താറും ഇരുപത്തഞ്ചാം തീയതി ഞായറാഴ്ച നാല് മുതൽ അഞ്ച് വരെ ഇരുപത്താറാം തീയതി തിങ്കളാഴ്ച അഞ്ചര മുതൽ ആറര വരെ നാളെ അഞ്ചര മുതൽ ആറര വരെ ഇതാണ് എട്ടാം അധ്യായത്തിൽ നാളെ ഇതെല്ലാം ഈ അക്ഷരബ്രഹ്മത്തെ ഉപാസിക്കുന്ന യോഗിമാർക്ക് രണ്ട് മരി മരണം രണ്ട് മാർഗമാണ് അതാണ് നാളെ നമ്മൾ ചർച്ച ഉത്തരായണവും ദക്ഷിണായണവും ആ രണ്ട് മാർഗവും നമ്മൾ നാളെ ചർച്ച ചെയ്യും ഇത്രയൊക്കെ മതി ഒരു കാര്യം മാത്രം ഓർമ്മിക്കുക ഈ സകല ചർച്ചയും ഒരിടത്ത് ചെന്നെത്തണം എന്നാണ് ഗീതയുടെ ആഗ്രഹം അത് ആദ്യമേ അങ്ങ് പറഞ്ഞാൽ എല്ലാവർക്കും പല പ്രാവശ്യം പറയുന്നുണ്ട് ഈ കഴിഞ്ഞ അധ്യായത്തിൽ തന്നെ അർജുന എന്നിൽ നിന്നും ഭിന്നമായി അണുപോലും ഒന്നുമില്ല മത്ത പരതരം കിഞ്ചിതസ്ഥി ധനഞ്ജയ ഒക്കെ പറഞ്ഞു പക്ഷേ എല്ലാവർക്കും അതങ്ങോട്ട് പിടികിട്ടുന്നല്ല അതുകൊണ്ടാണ് പിന്നെ ഈ എട്ടാം അധ്യായത്തിൽ അധ്യാത്മം അതിദൈവം അധി യജ്ഞം അധിഭൂതം പേരുകൾ പറഞ്ഞ് വീണ്ടും പറഞ്ഞത് ഇതിലും പറയുന്നു എല്ലാം ഭഗവാൻ എല്ലാം അത് അവിടെ എത്താനാണിതെല്ലാം അത് ഓർമ്മിച്ചോളുക കഴിയുന്നതും അത് മനസ്സിനെ പഠിപ്പിക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എന്ത് പഠിപ്പിക്കുന്നു എന്ത് മനസ്സ് ഉറച്ചുകിട്ടുന്നോ അതുമായിട്ട് അടുത്ത ജന്മവും വേണ്ടിവരും ഇവിടെയാണെങ്കിൽ പിന്നെ ഒരു ജന്മത്തിൻ്റെ പ്രസക്തിയേ എല്ലാം ഈശ്വരൻ ആ ഉറപ്പ് നമുക്കൊക്കെ ഉണ്ടാകട്ടെ ജഗതീശ്വരൻ നമ്മൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ